അള്ളാഹുസ്ബുഹാനഹുവ ചായാല നിങ്ങൾക്ക് സുരക്ഷിതത്വത്തിനായി ഉറക്കം നൽകുകയും നിങ്ങളെ ശുദ്ധീകരിക്കാനും നിങ്ങളിൽ നിന്ന് പിശാജിന്റെ ദുർബോധനങ്ങളെ അകറ്റാനും നിങ്ങളുടെ ഹൃദയങ്ങളെ ദൃഢമാക്കാനും പാദങ്ങളെ ഉറപ്പിക്കാനുമായി ആകാശത്തുനിന്ന് നിങ്ങൾക്ക് വെള്ളം ഇറക്കിത്തരികയും ചെയ്ത സന്ദർഭം ഓർക്കുക